നിങ്ങൾ യൂസഫിനെ കൊന്നുകളയുക അല്ലെങ്കിൽ അദ്ദേഹത്തെ ദൂരെയുള്ള ഏതെങ്കിലും നാട്ടിലേക്ക് എറിഞ്ഞുകളയുക എങ്കിൽ നിങ്ങളുടെ പിതാവിന്റെ ശ്രദ്ധ നിങ്ങൾക്കു മാത്രമായി ലഭിക്കും അതിനുശേഷം നിങ്ങൾ സൽസ്വഭാവികളായ ഒരു ജലതയായിത്തീരുകയും ചെയ്യും